എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നദികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നാം പ്രവേശിപ്പിക്കും അവിടെ അവർ എന്നേക്കും വസിക്കും അള്ളാഹുസുബഹാനുഹുവ തയാലയുടെ വാഗ്ദാനം സത്യമാണ് വാക്കുകളിൽ അള്ളാഹുസുബഹാനുഹുവ തയാലയേക്കാൾ സത്യസന്ധനായി മറ്റാരുണ്ട്